que te enamore tu ya te enamore tu charo te diri que mereces un sueño en los sueños ഓമക്ഷരമം സർവം വ്യക്തം ഫോളം ഭവ്യതിർക്കാതീ തദവ്യംകാര ോനവിശതിമുഖ്വാനർ പ്രഥമ പദ സ്വപ്നസ്ഥാനോന്ധ പ്രശ്തോനവിശതിമുഖ പ്രവൃത്തഭുക്തോ എത്രമയത സ്വപ്നം വശി ശുക്തീഭൂത പ്രാനന്ദമയൂ ആനന്ദഭു ചേോമുഖപ്രജ്ഞസ്തൃതീയ പദ േദ പ്രദൃശ്യം വ്യോഹ അഗ്രാഹ്യം അലക്ഷണം അച്ഛന്തി അവിപതൈ സമ്യകാത്മ പ്രസാരം പ്രപഞ്ചോ വശം ഷന്തം ശിവം അദ്വീതം ചതുർത്ഥം മഞ്ഞത്തെ സ ആത്മാേയ उच्चरं ओंकारो आदि मात्रं पादान् मात्रा मात्रस्य पादा उकारो उकारो उकार इति सः मात्रेष्यं ओंकारो आदि मात्रे पादा मात्रा करयताम्यं जायते दस्थानो विश्वानो उकारः प्रथमा मात्रा अपि आदिमत्वात् वा आपनो ആപ്പണോതി വൈ സർവാൻ കാശൂതിേദപ്നസ്തത്തൈജസ ഉോ ദ്ധയാ മാത്രോഭയത്വ ഉത്കർഷലിഹ വൈ ജ്ഞാനസന്തതിമാനച്ചത് കുളേശ്ദസ്താമകാല മാത്രമേ ദൈർവാ വിനോദിഹവാ ഇതം മാത്രോഹ്യപഞ്ചോസാര സമ്മേദ <Hai> <�tes> അന്യേത്ര വിജേയാസ്മൃത നാലു കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് ത്യാജ്യമായിരിക്കുന്നു ലൗകികം ശുദ്ധ ലൗകികം ലോകോത്തരം ജാഗ്രത അത് നമ്മൾ വിശദീകരിച്ചു രണ്ടാമതൊന്ന് ജേയം അത് വ്യാഖ്യാനിച്ചു ചതുഷ്കോടി വർജിതം പരമാർത്ഥ തത്വം അസ്ഥി നാസ്തി അസ്ഥി നാസ്തി എന്നെല്ലാം മുമ്പ് വിശദീകരിച്ച പരമാർത്ഥതം അതിജ്ഞേയം ആപ്യം അതും കഴിഞ്ഞ തവണ വിശദീകരിച്ചു അവിടെ പറഞ്ഞ പ്രധാനമായും പറയുന്നത് ഭിക്ഷുവിന് വേണ്ടിയിട്ടാണ് എങ്ങനെ യേഷണത്രയത്തെ ആർജിക്കേണ്ടത് പാണ്ഡിത്യം ബാല്യം മൗനം അത് വിശദീകരിച്ചു ശ്രവണം മനനം വ്യത്യാസം അവസാനം പറഞ്ഞത് ഭാക്യം പച്ചിക്കേണ്ടത് കഷായാധ്യാനി പക്തവ്യാനി അതുവരാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച കഷായം അതെന്താണ് കഷായം രാഗദ്വേഷ മോഹാദൈവ ദോഷ അതാണ് പജിക്കേണ്ടത് അതെങ്ങനെ പജിക്കണം രാഗദ്വേഷങ്ങളെ അത് സാധാരണ പച്ചിക്കുന്നത് പാകം കൊണ്ടാണ് പാക സംഭവിക്കുന്നത് ഉള്ളിലായാലും പുറത്തായാലും ഇവിടെ അഗ്നി എന്താണ് ജ്ഞാനം തന്നെ ജ്ഞാനാഗ്നി കൊണ്ട് അതിനെ പച്ചിക്കുന്നു ജ്ഞാനാഗ്നി സർവകർമ്മമാണ് ഭസ്മസർവകർമ്മങ്ങളെയും ജ്ഞാനം പചിക്കുന്നു എന്ന് പറയും ജ്ഞാനം എന്ന് പറയുന്നത് ആത്മബോധം ചരമജ്ഞാനം അവസാനത്തെ ജ്ഞാനം ഇവിടെ രാഗ അതിദോഷങ്ങളെ മോഹങ്ങളെല്ലാം പറ്റിക്കുന്നത് വിവേകം വിവേകം കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യണം വിവേകം കൊണ്ട് സാധ്യമാണ് ഈ ദോഷങ്ങളെ പരിക്കാൻ മറ്റുപായൊന്നുമില്ല രാഗാദികൾ വളരെ രൂഢമായി സംസ്കാര രൂപത്തിലായാലും അതിനെയും വിവേകം കൊണ്ട് നശിപ്പിക്കാൻ പറ്റും ഒരാൾ വിവേകിയാണ് പക്ഷെ അയാള് രാഗാദികൾക്ക് അടിമപ്പെട്ടു പോകുന്നു അവിടെയും അതിന് ഉപായം ആ വിവേകദാർഢ്യന്തരം വിവേകത്തിന് ദൃഢതയില്ലാത്ത കൊണ്ട് രാഗാദികൾക്ക് അസമ്മതനായി പോകുന്നു മറ്റേതെല്ലാം ഉപായങ്ങളിലൂടെ അയാനിച്ച് മറ്റ് ഉപായങ്ങൾ സാധാരണ രാഗാദികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ജപത്തപം ശരീരപീഠം ഉൾപ്പെടെയുള്ള തപസ് അഹിംസ സത്യം അസ്ഥേയും ബ്രഹ്മചര്യം തുടങ്ങിയ നിഷ്ഠകൾ ഇതൊന്നും തന്നെ പൂർണമായും ഫലവത്തല്ല വിവേകം കൂടാതെ വിവേകാണ് മുഖ്യമായ ഉപായം അതുകൊണ്ടാണ് അതിനെ പജിക്കുക എന്ന് പറഞ്ഞത് പാകം അഗ്നിയിലൂടെ സാധ്യമാകും അതുപോലെ ഈ ദോഷങ്ങളുടെ പാകവും ഞാനാഗ്നിയിലൂടെ സാധ്യമാകും അതിന് ഇവിടെ പറഞ്ഞു എന്താണോ ഭിക്ഷുണ ഇതെല്ലാം ഭിക്ഷുവിന് വേണ്ടി പറയുന്ന സാധാരണക്കാരന് വേണ്ടിയാണ് ബിക്ഷുവല്ലാത്തവന് വേണ്ടിയാണ് അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും അങ്ങനെ തീവ്രമായി പരിശ്രമിക്കാൻ സാധ്യമല്ല ഭിക്ഷുവിന് പോലും സാധ്യമാകാതിരിക്കുമ്പോൾ ബിക്ഷുവല്ലാത്തവനും പറ്റും ഭിക്ഷു ആരാണെന്നും പറഞ്ഞു ബാക്കി േഷണങ്ങളുടെ ത്യാഗം കൊണ്ട് തന്നെ അവനിൽ രാഗാദി ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും രാഗം തന്നെ ഏഷണം പക്ഷെ അങ്ങനെ അത് സംസ്കാര രൂപത്തിൽ അവന് ശേഷിക്കുകയും അവന്റെ വിവേകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് രണ്ടാമത് വീണ്ടും പറയും ആദ്യവേഷണ ത്യാഗം എന്ന് പറഞ്ഞിട്ട് ബാഹ്യമായി വരുന്നതിന് ബാഹ്യേഷണ എന്ന് നേരത്തെ പറഞ്ഞു രണ്ടാമത് കഷായം എന്ന് പറഞ്ഞു ബാഹ്യേഷണ വളരെ പ്രകടമായി വരുന്നു ആഗ്രഹരൂപത്തിൽ പ്രകടമായി വരുന്നതും അതിന് വ്രതങ്ങളുമുണ്ട് തപസ്സുണ്ട് ഇല്ലാതാക്കാനോ നിയന്ത്രിക്കാനോ ഒക്കെ ശ്രമിക്കുന്നതാണ് അതെ ബാഹ്യേഷണ എന്ന് പറഞ്ഞു ബാഹ്യക്ഷിണത്യാഗത്തിന് തപസ്സം മറ്റുമൊക്കെ വലിയൊരളവ് വരെ സഹായിക്കും വ്രതങ്ങൾ സഹായിക്കും കാരണം ബാഹ്യമായാണ് അത് ആക്രമിക്കുന്നത് ബാഹ്യമായി പ്രതിരോധിക്കാം പക്ഷേ സംസ്കാര രൂപത്തിലിരിക്കുന്നതിനെതി സംസ്കാരൂപത്തിലിരിക്കുന്നത് അതുകൊണ്ടൊന്ന് സാധ്യമല്ല ദൃഢവിവേകം കൊണ്ട് മാത്രമേ സാധ്യമാ ബാക്കിയുള്ളതെല്ലാം അതിനെ സഹായിക്കും ബാഹ്യമായി എന്തെല്ലാം ഉണ്ടോ അവനവനിലുണ്ടാകുന്ന ഓരോ ജീവനിലും ഉണ്ടാകുന്ന വിവേകം കൊണ്ട് അത് സാധ്യമാകും ചെല്ലു ചോദിക്കും അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകത്തില്ല ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകത്തില്ല അപ്പൊ അതെല്ലാം സഹായിക്കുന്നത് വിവേകത്തെ ഉണ്ടാക്കുന്നത് മാത്രമേ സാറിയൂ മറ്റ് സാമഗ്രികളെല്ലാം സജ്ജമാക്കിയാലും പാകം ചെയ്യുന്നത് അവനവൻ തന്നെയാണ് അവനവൻ പാകം ചെയ്താൽ ഭക്ഷിക്കുന്നത് പാകം എന്ന് പറയുന്ന പുരുഷപ്രയത്നം അതിനനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നത് ഈശ്വരനോ ഗുരുവോ ഒക്കെ ആവാം അല്ലാതെ ഈശ്വരനോ ഗുരുവെന്ന് പാകം ചെയ്തു തരും നമ്മൾ കാണാറില്ല ജീവന്റെ പ്രവൃത്തി ഈശ്വരൻ ചെയ്യുന്നതായിട്ട് കാണാറില്ല ഈശ്വരന്റെ പ്രവൃത്തി ഈശ്വരൻ ജീവന്റെ പ്രവൃത്തി ജീവൻ ചെയ്യണം അല്ലെങ്കിൽ അവനസനായിപ്പോ ജീവനക്കരണങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ട പ്രേരണ കൊടുക്കുന്നത് അതിന്റെ സാഹചര്യങ്ങൾ കാലദേശങ്ങളെയൊക്കെ അനുകൂലമാക്കി കൊടുക്കുന്നത് വിഘ്നങ്ങൾ ഒഴിവാക്കുന്നതൊക്കെ ഈശ്വരന്റെ കരുതി ഗുരുവിൻ്റെ കരുതി അങ്ങനെ അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഗുരു ചെയ്യും ഈശ്വരൻ ചെയ്യും എന്ന് പറഞ്ഞു ഇവനൊന്നും ചെയ്യാതിരുന്നാ മതി സാധ്യമല്ല പുരുഷ പ്രയത്നം കൊണ്ട് നേടേണ്ട അപ്പൊ സ്വയം പാകം അങ്ങനെ ഒരു പങ്കുണ്ട് അത് ചെയ്യണം പിന്നെ സാധനൊക്കെ ഇത് പറഞ്ഞിട്ടിരുന്ന എന്താണോ എല്ലാം ഗുരു ചെയ്യും അല്ലെങ്കിൽ ഈശ്വരൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തനിക്കിഷ്ടമുള്ളത് തനിക്ക് ചെയ്തത് എല്ലാവരും അതാണ്ട് സൗകര്യമായി സ്വീകരിക്കുന്നു അതാണ് ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്ക് വേണ്ടി ചെയ്യാൻ വേറെ ആളുണ്ട് താൻ ചെയ്യേണ്ടത് അതൊരു ഒഴിഞ്ഞു മാറുള്ളതാണ് ഒരു ഒളിച്ചുകടിയാണ് തന്റെ ഉത്തരവാദിത്വങ്ങൾ ഈശ്വരനെ എന്നിട്ട് താൻ മാറിയിരിക്കുക അത് തന്റെ ഏറ്റവും വലിയ ത്യാഗമാണ് ഏറ്റവും വലിയ ആത്മീയതയാണ് എന്നൊക്കെ സ്വയം ധരിക്കുക സ്വയം പിട്ടിയാവുക അധികം ഒന്നും സംഭവിക്കുന്നു അത് സ്വയം തന്നെ ചെയ്യേണ്ട കാര്യമാണ് അതിനെ പചിപ്പിക്കണം കഷായത്തിൽ ആന്തരികമായ സൂക്ഷ്മ സംസ്കാരങ്ങള് അത് പ്രകടമാകുന്നതിന് ഒരു വൃക്ഷത്തെ നശിപ്പിക്കണമെങ്കിൽ ഒന്നിലതിന്റെ മുളയെന്ന് ഉള്ളിക്കളയാ അങ്ങനാ വിത്തിനെ തന്നെ വറുത്തു കളയാം രണ്ടു തരത്തിൽ നിന്ന് നശിപ്പിക്കാം രണ്ടായാലും രണ്ടിനും ഇവിടെ എന്താണ് വിവേകാഗ്നി കൊണ്ടാണെന്ന് സാധിക്കുന്നു അതിൽ സ്വാർത്ഥതയൊന്നുമില്ലാതെ വിവേകമെന്ന് പറയുന്ന അതാണ് കാരണം ജീവന്റെ പ്രകൃതിയാണ് ഈ ദോഷങ്ങളെന്ന് പറയുന്നത് ആ ദോഷങ്ങളും ആ ദോഷങ്ങളെ സഹായിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്രകൃതിയിൽ ഇരുപണ്ട് പ്രധാനമായും അവിടെ വരുന്ന അഹന്ത മമത അതിനോട് ചേർന്ന് വരുന്ന എല്ലാ ദൗർബല്യങ്ങളും അവരുടെ പ്രകൃതിയിലിരിക്കയാണ് അത് ഈ ബാഹ്യ ഏഷ്യണത്രയം സാധിച്ച ഭിക്ഷുവിനായാലും ശരി ആന്തരികമായ ഇതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമറിച്ച് പൊതുവെ ആഗ്രഹിക്കുന്ന എന്താണ് ഈ ദൗർബല്യങ്ങളെയെല്ലാം രഹസ്യമായി സൂക്ഷിക്കാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് പരസ്യമാക്കി നശിപ്പിക്കാനും ആഗ്രഹിക്കത്തില്ല ഈ സംസ്കാര രൂപത്തിലിരിക്കുന്ന ഇത് വിരാഗാദി ദോഷങ്ങൾ മോഹാദികൾ ബാഹ്യമായി പ്രകടമാവുമ്പോൾ സാധാരണ ഭക്ഷികൾ പോലും എന്താണ് അതിനെ തന്നെ ആദർശമാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അതിനെ തന്നെ തത്വചിന്തയാക്കി മാറ്റിയും അവസരത്തിനനുസരിച്ച് അതിനില്ലാതാക്കുന്നതിന് സൗകര്യം അതിനൊരു പുതിയൊരു തത്വശാസ്ത്രമായിട്ട് അവതരിപ്പിക്കുന്നതാണ് അപ്പൊ അതിനെ സംരക്ഷിക്കാൻ പറ്റും പൊതുവെ എല്ലാ ജീവന്മാരും ആഗ്രഹിക്കുന്ന എന്താണ് അവനവന്റെ ദൗർബല്യങ്ങളെ ആദർശവത്കരിക്കുക അവനെ സംരക്ഷിക്കുക അതാണ് അവനെ ഉപേക്ഷിക്കുന്നത് കൂടുതൽ അങ്ങനെ അതിന്റെ ദൌർബല്യം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പൊ അവസരത്തിനനുസരിച്ച് ഫിലോസഫി മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും തത്വം അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും മാറുന്നതല്ല ഇത് അങ്ങനെ മാറ്റുന്നോണ്ട് നശിക്കത്തില്ല എന്നറിയുന്നതാണ് വിവേകം ഓന്തു നിറം മാറുന്നതുപോലെ സൗകര്യം പോലെ ആദർശത്വം മാറ്റിയാൽ അതുകൊണ്ടൊന്നും ഈ ദോഷങ്ങൾ നശിക്കത്തില്ല ബാഹ്യേഷണ ഇത്രയോന്ന് പറഞ്ഞതിന് ശേഷം കഷായത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അതിനു വേണ്ടിട്ടാണ് അങ്ങനെ ഒന്നിനെയും ആദർശമാക്കിയിട്ട് കാര്യമുണ്ട് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് ദൗർബല്യമാണ് എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിനെ ദൗർബല്യമായി തന്നെ അംഗീകരിക്കുക താൻ അതിന് പ്രാപ്തനല്ല എന്ന് സ്വയം മനസ്സിലാക്കുക അത്രയും ആകുന്നതന്നെ വിവേകമാണ് അത് ത്യജിക്കേണ്ടതാണ് ഗ്രാഹ്യമല്ല ത്യാജ്യമാണെന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവ് അവന് ക്രമേണ അതിന്റെ നാശത്തിലുള്ള ഉപായത്തിലേക്ക് കൊണ്ടുപോകും മറിച്ചാണെങ്കിലോ ആ ദൌർബല്യങ്ങൾ ദൃഢമാകും അതുകൊണ്ടാണ് അത് ഭക്തവ്യാനി അത് പജിക്കേണ്ടതാണ് എന്നുള്ളത് അപ്പോ ഇവിടെ പറയുന്ന പല ആദർശങ്ങൾ ബിക്ഷുവിന്റെ ആദർശങ്ങൾ അത് പലപ്പോഴും ഇന്ന് പറയുമ്പോൾ നമ്മുടെ കാലദേശങ്ങൾക്ക് അനുസൃതമല്ലാതെ വരുന്നു നമ്മുടെ സാഹചര്യങ്ങൾക്കനുസൃതമല്ലാതെ വരുന്നു കാലദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളെ ഉപേക്ഷിച്ചിട്ട് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല ഭിക്ഷു എന്നായാലും ഭിക്ഷുവാണ് കാലദേശങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് മാറിയാലേ ശരി കാരണം ഇവിടെ പറയുന്നത് ആന്തരികമായ പ്രശ്നങ്ങളെ കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ അത് ഏത് കാലത്തും ഒരുപോലെ തന്നെയാണ് അതിന് ഒരു വിട്ടുവീഴ്ചയും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ാഹ്യമായ സാഹചര്യങ്ങളെ മാറുന്നു ജീവന്റെ ആന്തരിക പ്രകൃതിക്ക് ഒരിക്കലും മാറ്റം വരുന്നത് അത് അനാദിയായി ഇന്നും അങ്ങനെ തന്നെയാണ് ആന്തരികമായ മാറ്റത്തിൽ ഇവിടെ പറയുന്ന ഈ കഷായ ഭജനം അതെല്ലാം അത് പറയുന്ന രീതിയിൽ തന്നെ സംഭവിച്ചേ മതിയാവും വിഷുവിന് ബാഹ്യവും ആന്തരികവുമായ ത്യാഗം കൂടിയേ പറ്റൂ അതിൽ സന്ധി ചെയ്യാൻ പറ്റത്തില്ല അതിന് പറ്റൂ ബാഹ്യമായ സാഹചര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാലത്തിനനുസരിച്ച് മാറ്റാം കാലത്തിനനുസരിച്ച് ബാഹ്യമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാം ശാന്തമായ കാര്യങ്ങളിൽ മാറ്റാൻ സാധ്യമല്ല അത് മുഖ്യമായി സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന അഗ്രയാണ തഹ പ്രഥമതഹ ഭാഷകാരം പറയും അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ബാഹ്യമായ സാഹചര്യം എങ്ങനെയെന്നുള്ളതല്ല ിക്ഷുവിന്റെ സ്ഥാനം എവിടെയാണ് അതാണ് ബാഹ്യമെന്ന് പറയുന്നത് വിഷുവിന്റെ സ്ഥാനം സമൂഹത്തിലാണോ അതോ വനത്തിലാണോ ഇത് കഴുകിയ കാലത്ത് വനത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നു ഇന്നതില്ല വനത്തിൽ ഭിക്ഷുവിന്റെ സ്ഥാനമില്ല അത് സമൂഹത്തിലേ വേണം അതാണ് കാലം കൊണ്ടുവരുന്ന മാറ്റം സമൂഹത്തിലുള്ള സ്ഥാനത്തെ ഉപേക്ഷിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളായി ചുറ്റുപാടുകളായി ഒരുപക്ഷെ നമ്മുടെ ആചാര്യന്മാരൊന്നും പലരും എല്ലാവരെയും പറയുന്നില്ല അത് പ്രതീക്ഷ പോലും ആയിരിക്കത്തില്ല ഭക്ഷുവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഭക്ഷുവ വനമാണ് സമൂഹമെല്ലാം അങ്ങനെയായിരുന്നു പഴയ എല്ലാ ഗ്രന്ഥങ്ങളും പക്ഷെ ഇന്നത് സാധ്യമാകും ആകത്തല്ല അത് ബാഹ്യമായി വന്ന കാലം കൊണ്ടുവന്ന മാറ്റം അപ്പൊ സമൂഹത്തിൽ തന്നെ ഇരിക്കുക സമൂഹത്തിൽ ഭിക്ഷു ഇരിക്കുമ്പോൾ അവിടെ അവൻ നന്നാകുന്നതിനേക്കാൾ കൂടുതലും നശിക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലുള്ളത് അതാണ് പരമാർത്ഥം അവിടെ ബാഹ്യമായ യേഷനകളെ തിരിച്ചു വന്നു വന്നാലും ആന്തരികമായ രാഗങ്ങൾക്കും മറ്റും അവനെ ബന്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് സാഹചര്യങ്ങൾ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ സ്വാഭാവികമായും അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് സാഹചര്യം അതുകൊണ്ട് ആന്തരികമായ ഈ ദോഷങ്ങളുടെ സ്വാധീനം രോഗാദികളുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയാതെ വരും ശ്രമിച്ചാലും കഴിയാതെ വരും അപ്പോൾ ഈ ദൌർബല്യങ്ങൾക്കെല്ലാം കീഴടങ്ങി ബാഹ്യമായി ബാഹ്യ ഭിക്ഷുവായി ജീവിക്കേണ്ടി വരും മിക്കവാറും എല്ലാവരും സംബന്ധിച്ചും അങ്ങനെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബാഹ്യപക്ഷുക്കളാണ് കൂടുതൽ കാരണം സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല അതാണ് സാഹചര്യങ്ങൾ മാറുന്നതിനും സാധ്യമല്ല കാലം മാറിയതും ഇവിടെ പറയുന്ന എന്താണ് ഈ പചനം ആന്തരികമായി സംഭവിക്കുന്നതിനുള്ള സാഹചര്യാനുകൂലമല്ല ദൌർബല്യങ്ങളെയെല്ലാം തിരിക്കുന്നതിന് പോലും പജിക്കുന്നതിന് പോലും സംരക്ഷിക്കാൻ ശ്രമിക്കും അതെങ്ങനെ സംരക്ഷിക്കും കാരണം ബാഹ്യമായ വേഷം അതുകൊണ്ട് അതിനെയൊക്കെ ആദർശമാകും അതിനെയൊക്കെ സംരക്ഷിക്കത്തക്ക തത്വചിന്തകള് തത്വശ്വാസങ്ങൾ കണ്ടുപിടിക്കും എന്നിട്ട് അതിൽ സംതൃപ്തനാകും താൻ തന്നെ തനിക്ക് സൃഷ്ടിച്ചിരിക്കുന്ന മൂടുപടം അതിനകത്തുള്ളിൽ അതിനുള്ളിൽ താൻ സന്തോഷിക്കും അല്ലാതെ ധൈര്യമായിട്ട് ആന്തരികമായി വിവേകത്തെ ആർജിച്ച് ഈ ദോഷങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ല അങ്ങനെ ശ്രമിക്കണമെങ്കിൽ എന്താണ് അവൻ സമൂഹ മധ്യത്തിൽ നിൽക്കേതന്നെ അവൻ അന്തർമുഖനാകും അവൻ അന്തർമുഖനാകുന്ന പറഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങൾക്കുള്ള അവസരവും സമയവും അവനുണ്ടാകണം ഇത് രണ്ടുമില്ലാതെ അതിനുള്ള അവസരമില്ല സമയമില്ലെങ്കിൽ അവൻ സദാ ബഹുർമുഖനായിരിക്കും ബഹുർമുഖമായ വ്യാപാരങ്ങളിൽ മാത്രമായിരിക്കും അവൻ അവന്റെ ത്യാഗവും സാധനവും എല്ലാം ബാഹ്യമായി വെറും പ്രകടഭാവങ്ങളായിരിക്കും അതവനെ രക്ഷപ്പെടുത്തത്തില്ല അവൻ ചെയ്യുന്ന ഈ കൃത്രിമമായ ഭാവങ്ങളിൽ അവന് ആനന്ദിക്കാനേ ഇവിടെ അടുത്ത് പറയാൻ പോകുന്ന ആനന്ദം ശാന്തി അതൊന്നും ഭിക്ഷുവിനെ അനുഭവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഭിക്ഷുക്കളെല്ലാം അസ്വസ്ഥരായിരിക്കുന്നത് ബാഹ്യമായ ദിവ്യന്മാരായും ആന്തരികമായും അസ്വസ്ഥരായും ഇരിക്കുന്ന കാരണം കാരണം ഇതും സംഭവിക്കുന്നില്ല ഉള്ളിൽ സംഭവിക്കുന്നില്ല അതിനുവേണ്ടി എന്താണ് അവൻ അന്തർമുഖനാകണം അന്തർമുഖനാകുക എന്ന് പറയുമ്പോൾ വ്യവഹാരങ്ങളെ ഉപേക്ഷിക്കുകയാണോ അതെന്തായാലും സാധ്യമല്ല ഒന്ന് സാഹചര്യം അതിനനുവദിക്കുന്നില്ല രണ്ട് അതിനുള്ള പാകതയില്ല രണ്ട് കാരണം കൊണ്ടും വ്യവഹാരങ്ങളെ പാടെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ വ്യവഹാരത്തിൽ നിൽക്കുന്നതിന് ഒരുവൻ സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ അന്തർമുഖനാകുന്നതിന് സമയം കണ്ടെത്തണം ഇതിനൊരാൾ ഗൌരവമായിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ ഈ മാർഗത്തിലൊരാൾ അവസാനം നിരാശ ബാക്കിയാകാതിരിക്കണമെന്ന് ഇത് രണ്ടും വേണം ഇല്ലെങ്കിൽ കരണങ്ങൾക്കെല്ലാം ശക്തിയുള്ളടത്തോളം കാണും ഒരുവിധമൊക്കെ പിടിച്ചു നീക്കാൻ പറ്റും ഇതിനെല്ലാം ശക്തി പറയുമ്പോ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ശക്തി പറയുമ്പോന്ദ്രിരാസതിയിലേക്കും ഇച്ഛാഭംഗത്തിലേക്കും ഈ ജീവിതത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ ഇത്രയും കാല സ്വാമിയായിരുന്നു താനെന്താ എന്ന് ചിന്തിച്ച് ദുഃഖിക്കേണ്ടി വരും ായിട്ട് വേണമെങ്കിൽ ഡയറി എഴുതി വെച്ചോളാം എന്ത് നേടി അങ്ങനെ ഒരു ഇച്ഛാഭംഗത്തിനും ദുഃഖത്തിനും ജീവിതം അവസാനിക്കും കേവലം ബഹുർമുഖമായ മാത്രമാണ് മുഴുകുന്നത് അപ്പൊ അത് ഒഴിവാക്കാൻ വയ്യാത്തത് കൊണ്ടും അതിനുള്ള പാകതയില്ലാത്തതുകൊണ്ടും സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ടും അതിൽ തുടരവേ തന്നെ ഒരാൾ അതിൽ നിന്ന് വിട്ട് അന്തർമുഖനാവുകയും വേണം അതും മുഖ്യമായും തപസും ത്യാഗവും എല്ലാം ഈ വിവേകത്തെ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഔപനിഷതമായ ജ്ഞാനത്തെ ആർജിക്കുന്ന മുമ്പ് പറഞ്ഞുള്ള ഭാഷകാരൻ അതാർജിക്കുന്നു മറ്റു തപസ് സാധനങ്ങളും ഈശ്വരാനുഗ്രഹവും ഗുരുവോ അനുഗ്രഹവും എല്ലാം അതിനുവേണ്ടി അതാണ് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു വിരോധാഭാസ് നമ്മൾ ഇന്നത്തെ ചുറ്റുപാടുകൾ പ്രത്യേകിച്ചും മിക്ഷുക്കൾ ഇന്നത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഉള്ള സാഹചര്യങ്ങൾ വീടുപേക്ഷിച്ച് ആശ്രമത്തിൽ പോകുന്നവരാണ് ആശ്രമത്തിൽ പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള ബഹിർമുഖ വ്യാപാരങ്ങളിൽ ഏർപ്പെടും ആൾക്കാർ അതിനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ട് ബാക്കി വ്യാപാരങ്ങൾ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായൊരു കാരണം ഇവന് മര്യാദക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്തോണ്ടാണ് ലോകരെ നന്നാക്കുന്നു എന്നൊക്കെ അത് കേവലം മൂടുപടം മാത്രമാണ് മര്യാദക്ക് ഇരിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ ആദർശവത്കരണമെന്ന് പറയും തനിക്കടങ്ങിയിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് തന്റെ ദൗർബല്യം പക്ഷെ ആ ദൗർബല്യത്തെ അംഗീകരിക്കാൻ വ്യാപാര ഞാൻ ലോകത്തിന് വേണ്ടി ജീവിക്കാണ് അത് വെറും പൊള്ളയായ ഒരു കാര്യമാണ് ഇതൊക്കെ ചെയ്യുന്ന ഇവന് വേണ്ടി തന്നെയാണ് എന്തുകൊണ്ട് ഇവനും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഓർക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും അത് ഗൃഹത്തിലായാലും ശരി ആശ്രമത്തിലായാലും ശരി എവിടെ ആയാലും ശരി അത് പ്രകൃതിയാണല്ലോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ കുറച്ചുകൂടി തുറന്നു പറയുന്നേ ഉള്ളു ആദ്യം പറഞ്ഞാൽ പ്രയാസം വരും ഇത് ഞങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് ഒരു സൂത്രത്തിൽ പറയുന്നേ ഉള്ളു ഈ ബഹിർമുഖത സ്വന്തം പ്രകൃതിയാണ് അതിന് അങ്ങ് മുഴുകിപ്പോവും അതിന് കൊടുക്കുന്ന ആദർശമാണ് ത്യാഗം ലോകസേവനം എന്നൊക്കെ പറയും അപ്പൊ അതേ സാഹചര്യങ്ങൾ മുഴുവൻ തന്നെ ഇതേ സാഹചര്യത്തിൽ തന്നെ എന്താണോ നമുക്ക് അന്തർമുഖനാകാനുള്ള അവസരങ്ങളും ഉണ്ട് അതിനുള്ള സാഹചര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് പക്ഷെ അതാരും ഉപയോഗപ്പെടുത്തത്തില്ല ഈ സ്ഥലം എന്ന് പറയുന്ന രണ്ടിനുള്ള സ്ഥലമാണ് ഒന്നിനും മാത്രമുള്ള ലോകത്ത് സേവിക്കാൻ മാത്രം ഉള്ള അവനവനെ സേവിക്കാനും ഉള്ളതാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു വ്യാജന്മാരായി ലോകത്തെ സേവിക്കാണ് അവനവനെ സേവിക്കുന്നില്ല എന്നുവെച്ചാൽ കേവലം ബഹിർമുഖന്മാരാവും അന്തർമുഖന്മാരാകുന്നില്ല അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം ഉണ്ടായാലും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കുന്നില്ല അതുപയോഗിക്കാതെ എന്തേലും ബഹുർമുഖന്മാരാവും അങ്ങനെ ബഹുർമുഖമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അതിന്റേതായ ഗുണദോഷങ്ങൾ വരും ഗുണത്തെക്കാളേറെ ദോഷം വരും കഷ്ടനഷ്ടങ്ങൾ വരും അങ്ങനെ കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ പറയും ഇതൊന്നും എന്റെ തകരാറല്ല ഇതൊക്കെ ഇവിടുത്തെ തകരാറാണ് ആശ്രമത്തിന്റെ തകരാറാണ് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുകളുടെ തകരാറാണ് ഇത് ആത്മീയതയ്ക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് വന്ന വഴിയെ തിരിച്ചു നടക്കും അല്ലെങ്കിൽ ചിലരങ്ങനെയല്ല ആകെ മുങ്ങിയ കുളിരില്ല എന്ന് കൊണ്ട് പറയുന്ന പോലെ എന്തായാലും നശിച്ച് കുറച്ചുകൂടെ നശിച്ചേക്കാന്ന് ഞാൻ അങ്ങനെ വരുന്നവരുണ്ട് എന്തായാലും ഈ ജന്മത്തിൽ നിരക്ഷപ്പെടും തോന്നില്ല പിന്നെ പോകുന്ന വഴി തന്നെ പോട്ട് അങ്ങനെ സമാനപ്പെടുന്നവരുമുണ്ട് അതും ഒരു മുക്തിയാണ് അപ്പോ ഇതിന് രണ്ട് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇതിന് രണ്ടിനുള്ള സാഹചര്യങ്ങളാണ് ഒന്ന് ബഹിർമുഖമായ പ്രവർത്തിക്കും ബഹിർമുഖമായ പ്രവൃത്തി നോക്കുകയാണെങ്കിൽ പറയാം ലോകസേവ ഒന്ന് അന്തർമുഖമായ പ്രവൃത്തി അത് ശരിക്കും ആത്മസേവയാണ് പക്ഷെ അത് സാധാരണ ഉപയോഗപ്പെടുത്താറില്ല അതിനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല ഇവിടെ പറയുന്ന ഈ കഷായ പചനം എന്ന് പറയുന്നത് ആ അന്തർമുഖതയിലെ സംഭവിക്കത്തുള്ളു ആ ഒരു ഭാഗം രണ്ടായിട്ട് പകർത്തു കഴിഞ്ഞാൽ പകുതി ഭാഗം ഈ ബഹിർമുഖമായ പ്രവർത്തിക്കും പകുതി ഭാഗം അന്തർമുഖമായ പ്രവർത്തിക്കും ഇതിനാണ് മധ്യമ മാർഗം എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരാൾക്ക് വിജയിക്കാൻ പറ്റും നവിന പൂർണനായും അന്തർമുഖനായിരുന്നു ഇവിടെ അതിനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് അത് സാധ്യമല്ല നമ്മുടെ യോഗ്യതാ പകർമുഖമായ പ്രവർത്തിക്കാണ് കൂടുതലും പക്ഷെ അവിടെ ബലാൽ അന്തർമുഖനാറുണ്ട് അതിനാണ് ഗുരുക്കന്മാർ ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നത് നന്നാകാനും നശിക്കാനുമുള്ള സാഹചര്യം എവിടെയുണ്ട് അത് പുറത്തായാലും ഉണ്ട് അകത്തായാലും ഉണ്ട് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആശ്രമം പുറമെന്ന് പറഞ്ഞാൽ ലോകം ടത്തും ഉണ്ട് പക്ഷെ അന്തർമുഖനാകുന്നതിനുള്ള സാഹചര്യം കൂടുതലും ഇവിടെ വന്നു അത് പുറത്ത് കിട്ടത്തില്ല അതിവിടെയുണ്ട് പക്ഷെ അത് ഉപയോഗപ്പെടുത്താതിരുന്ന എന്തു ചെയ്യും ഭിക്ഷുവായിട്ട് കൂടി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത് അന്തർമുഖനായി വിവേക സമ്പാദനത്തിന് അല്ലെങ്കിൽ ആ വിവേക സമ്പാദനത്തിന് ഉപകരിക്കുന്ന സാധനങ്ങൾ അതിൽ അതുപയോഗിച്ച് അതേസമയം തന്നെ ബഹിർമുഖമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഈ കഷായ പാകം അതൊരു മുന്നിൽ സംഭവിക്കണം അതുകൊണ്ട് ഇവിടെ പശുഗാനം പറയുന്നത് ഇതെല്ലാം ന്യായങ്ങളാണ് ആത്മാവുണ്ട് അത് നിത്യമുക്തമാണ് ബന്ധമോക്ഷങ്ങളില്ലാത്തതാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ ബാക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയുന്നു അതാണ് ഹേയ ആപ്യവാക്യങ്ങൾ എന്ന് നാലായിട്ട് തിരിച്ചു പറഞ്ഞു ഇത് മുഖ്യമായിട്ടും അറിയണം എന്നാണ് ഭിക്ഷുക്കൾ മുഖ്യമായി അറിയണം അഗ്രയാണത പ്രഥമതഹ അതിന് പ്രാധാന്യം കൊടുത്തറിയണം പക്ഷെ നമ്മൾ അറിയുന്നുണ്ട് ലോകത്തിൽ ജീവിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു ആശ്രമത്തിൽ വന്നും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു പക്ഷെ അതിൽ മുഖ്യമായി അറിയേണ്ട കാര്യം അറിയുന്നില്ല മുഖ്യമായി അറിയണ്ട ഇത് അന്തർമുഖമായി ഇവിടെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നത് ബഹിർമുഖമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞ കാര്യങ്ങളാണ് ശരി ഇവിടെ കുറച്ച് കാര്യങ്ങളൂടെ അറിഞ്ഞു ദോഷമില്ല നല്ലതല്ല ഇവിടെ വരുന്നതിനൊന്നും ഇപ്പൊ ഡ്രൈവിംഗ് അറിയത്തില്ല ഇവിടെ വന്നപ്പോ അതുകൂടെ പഠിച്ചു കൊള്ളാം ദോഷമുള്ള കാര്യമുണ്ട് ഹർമുഖമായൊരു കാര്യം പക്ഷെ ഇവിടെ അറിയേണ്ട സാഹചര്യങ്ങൾ അന്തരഹമായി അറിയേണ്ട കാര്യങ്ങൾ വേറെ ഒരുപാടുണ്ട് അതിന് സമയം കണ്ടെത്തും അത് മുഖ്യത പറയും ഞാനിത് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇവിടെ ഭിക്ഷു എന്നുള്ള ശബ്ദം പ്രയോഗിച്ചുകൊണ്ടാണ് ഭിക്ഷുക്കൾക്ക് വേണ്ടി ഇവിടെ പറയുകയാണ് അതിൽ മുഖ്യമായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവിടെ പറയേണ്ടത് പകുതിയെങ്കിലും അതിനുവേണ്ടി മാറ്റിവയ്ക്കുക എന്നാണ് പറയുന്നത് പകുതി പോട്ടെ ഇതിനു വേണ്ടി പ്രഥമ ദഹ അതിൽ പറയുന്നു തന്നെ പ്രാധാന്യം കൊത്തും കോമിയൊന്നും ഇല്ലാതെ എഴുതിയിരിക്കാനാണ് വിജ്ഞാതന്യത്ര ഇതെല്ലാം ജ്ഞയങ്ങളാണെന്ന് പറഞ്ഞു ഇതെല്ലാം അറിഞ്ഞിരിക്കണം ജാഗ്രത സ്വപ്ന സുശൃതികളെ കുറിച്ചറിയണം പരമാർത്ഥ തത്വത്തെ അറിയണം ശ്രവണമന്ന വ്യത്യാസനങ്ങളെ കുറിച്ച് അറിയണം കഷായ പാകത്തെ കുറിച്ചറിയണം തൻ്റെ ഉള്ളും പറവും എല്ലാം അറിയണം നടത്താൻ അങ്ങനെ അറിഞ്ഞാൽ അന്യത്ര വിജ്ഞേയാ പരമാർത്ഥസത്യം വിജ്ഞേയും ദ്രമേകം പ്രത്യേകിച്ചു അതിൽ പരമാർത്ഥസത്യമായിരിക്കുന്നത് ആത്മതത്വമാണ് പലരും ചോദിക്കാറുണ്ട് ആത്മാവിനെ അറിഞ്ഞപ്പോലെ ആത്മാവിനെ അറിയുന്നതിന് എന്ത് ചെയ്യണം കണ് പൂട്ടിയിരുന്ന് ധ്യാനിക്കുക ആത്മാവിനെ സാക്ഷാത്കരിക്കുക ബാക്കിയൊക്കെ എന്തിനാണ് നിങ്ങൾ ഉപനിഷത്ത് ശ്രവണം ചെയ്യുന്നത് എന്റെയൊക്കെ ആവശ്യം തോന്നുന്നു കണ്ണടച്ച് ധ്യാനിച്ചാൽ മാത്രം മതി വിളി പറയുന്നത് പോരാ കണ്ണടച്ചാ ഇരുട്ട് കാണത്തേയുള്ളൂ ധ്യാനിച്ചിട്ടിനെ ധ്യാനിക്കത്തുള്ളൂ വെളിച്ചത്തെ ധ്യാനിക്കാൻ നോക്കത്തില്ല ചിലത് വെളിച്ചത്തെ കാണും അത് മരുന്ന് കഴിച്ചാൽ മാറുകയും ചെയ്യും അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നതെല്ലാം അറിയണം ജാഗ്രത സ്വപ്ന സൃഷ്ടികളെല്ലാം അറിയണം എന്നെ പറയുന്നത് കാരണം ഇവിടെ രണ്ടെണ്ണമുണ്ട് ഒന്ന് ഗ്രാഹ്യമായത് മറ്റൊന്ന് ത്യാജ്യമായത് ത്യാജ്യമായതിനെ അറിഞ്ഞല്ലേ ത്യജിക്കാൻ പറ്റും അറിയാതെ എങ്ങനെ ത്യജിക്കാൻ പറ്റും അപ്പൊ അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ താത്വികമായി അറിയുക എന്നറും തത്വദൃഷ്ടറിയുക അങ്ങനെ തത്വദൃഷ്ടിയിൽ അറിഞ്ഞിട്ട് അതിനുപേക്ഷിക്കണമെങ്കിൽ അതിനറിയണം താത്വികമായുള്ള അറിവ് ഞാൻ ഇവിടെ പറയുന്നു അല്ലാതെ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും അനുഭവിച്ചിട്ട് പിന്നെ ബ്രഹ്മത്തിനെ അറിയുക രണ്ട് രണ്ട് കാര്യങ്ങളാണ് ചിലർ ശ്രമം സ്വീകരിക്കുക അതിന്റെ സുഖദുഃഖങ്ങളൊക്കെ അറിയുക അതിന് വിരക്തി വരുക പിന്നെ സന്യാസിയാവുക ഗതികെട്ട സന്യാസമെന്ന് പറയാന്തിനും കൊള്ളാതിരിക്കോ പിന്നെ അവസാനം സന്യാസി ആയിക്കൊള്ളില്ല അതന്നെ ഇവിടെ ഉദ്ദേശിക്കും അറിഞ്ഞിട്ട് ഉപേക്ഷിക്കാമെന്ന് പറയുമ്പോൾ അതന്നെ അവിടെ തത്വഗ്രഹണമാണ് മുഖ്യം ആ തത്വഗ്രഹണം ഒരാൾക്ക് അതിനുശേഷി എപ്പോഴുണ്ടോ അപ്പോ അതാ അതിന് ഗൃഹസ്ഥാശ്രമമെന്നും മറ്റേതെങ്കിലും ആശ്രമമെന്നുള്ള ആശ്രമമായിട്ട് ബന്ധമുണ്ട് താത്വികമായി ഇതിനെയൊക്കെ ഗ്രഹിക്കുക അങ്ങനെ ഗ്രഹിച്ചിട്ട് ഗ്രഹിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് പരമാർത്ഥ സത്യം വിജ്ഞേയം ബ്രഹ്മ ഏകം തദ്വർജയിച്ചുക അത് ഉപേക്ഷിച്ച് അത് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം എന്താണോ ബാക്കിയുള്ള അറിയുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതിനെയൊക്കെ അറിയുന്നത് അറിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ അറിയാന്ന് പറയുമ്പോൾ എന്താ ധരിക്കുന്നത് ഗാർഹസ്ഥയൊക്കെ അറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ പറയുന്നുണ്ട് എന്നെ അറിയാന്ന് പറഞ്ഞാൽ ത്യാഗത്തിന് വേണ്ടിയുള്ള അറിവാണ് അവിടെ ആവശ്യം അല്ലാതെ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭിക്ഷുവിനെ സംബന്ധിച്ച് പറയും അത് അറിയുന്ന എന്താണ് പക്ഷെ ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു അറിയാതെ അതിനെ സ്വീകരിക്കും എന്നിട്ടതിന്റെ ഗുണദോഷങ്ങളിൽ അനുഭവിക്കുന്നു അത് ഭിക്ഷുവിന്റെ മാർഗമല്ല ഭിക്ഷുവിന്റെ മാർഗം എന്ന് പറയുന്നത് ത്യജിക്കാൻ വേണ്ടി അതിനെ അറിയുന്നു അവിടെ സ്വീകാര്യമില്ല സ്വീകരിക്കുന്നില്ല മറ്റവനെ അറിയാതെ തന്നെ സ്വീകരിക്കുന്നു അപ്പം അവിടെ ത്യാഗം സംഭവിക്കുന്നില്ല ഭിക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗർഭത്യ ത്യാഗമാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അവനതിനെ അറിയുന്നു അറിഞ്ഞ പിന്നെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അതിന്റെ അറിവ് തന്നെ ത്യാഗം അതുപോലെ ലൗകികമായ അതൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞു ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ചല്ല അറിഞ്ഞിട്ട് സ്വീകരിക്കുകയല്ല അറിവ് തന്നെ ത്യാഗം അവിടെ സ്വീകരിക്കേണ്ട ഒന്നേ ഉള്ളൂ എന്താണ് പരമാർത്ഥ സത്യം വിജ്ഞേം ബ്രഹ്മ ഏകം അത് മാത്രമേ അവന് ഇതിലെല്ലാത്തിനും ഗ്രഹിക്കാനുള്ളൂ ഇതിന്റെ എല്ലാം സാരമായിരിക്കുന്ന അത് മാത്രം അത് മാത്രമേ പരമാർത്ഥ തത്വമായിട്ടുള്ളൂ അങ്ങനെ ബ്രഹ്മത്തെ അവൻ അറിഞ്ഞ് സ്വീകരിക്കുന്നു ബാക്കിയുള്ളതല്ല ഉപലംഭനം ഉപലംഭോ അവിദ്യ കൽപ്പന മാത്രം അങ്ങനെല്ലാം അവൻ അറിയുന്നു ധരിക്കാൻ വേണ്ടി ആ ത്യാഗം എങ്ങനെയാണ് നമ്മൾ ധരിക്കുന്ന പോലെ എന്തിനെങ്കിലും വലിച്ചെറിയുകയല്ലോ കൂടെ ആ ത്യാഗം കേവലം വിവേകത്തിൽ സംഭവിക്കുന്നതാണ് ത്യാഗമെന്ന് പറയുന്നത് സ്വീകരിക്കുന്നുമില്ല ബാഹ്യമായി ത്യജിക്കുന്നുമുണ്ട് അവനതിനെ തിരിച്ചറിയുന്ന എന്താണിത് അവിദ്യ കല്പന മാത്രം ഇതിനൊരു മായാമോഹം എന്ന് തിരിച്ചറിഞ്ഞാ അങ്ങനെ തിരിച്ചറിയുന്നു പിന്നെ എന്തിനെ സ്വീകരിക്കണം സ്വീകരിക്കാതെ പിന്നെ എന്തിനാണ് ത്യജിക്കുന്നത് സ്വീകരിക്കുക സ്വീകരണമുള്ളടത്തെ ത്യാഗമാണ് ഭിക്ഷുവിന്റെ ത്യാഗം എന്ന് പറയുന്നത് എന്താണ് സ്വീകരിച്ചിട്ടുള്ള ത്യാഗമുണ്ട് അത് അവന്റെ വിവേകം മാത്രമാണ് ബോധം മാത്രമാണ് ഈ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളത് ഇത് അന്റെ വിവേകത്തിൽ അതിന്റെ ത്യാഗം അവന് സഹജമായി സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വീകരിച്ചിട്ട് ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല ഉപേക്ഷിട്ട് സ്വീകരിക്കേണ്ടിയും വരുന്നില്ല രണ്ടും സംഭവിക്കുന്നുണ്ട് ചിലർ അങ്ങനെ പറയും എന്താണ് ഉപേക്ഷിച്ചിട്ട് സ്വീകരിക്കുക ഉപേക്ഷിച്ചിട്ട് സ്വീകരിക്കാൻ സാധ്യമല്ല സ്വീകരിച്ചിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നതും ആവശ്യമെൻ്റെ അർത്ഥമാണ് അപ്പൊ അർത്ഥം എന്താണ് അവിദ്യ കൽപ്പന മാത്രം എന്ന് തിരിച്ചറിയില്ല അതാണ് ഇവിടെ പറഞ്ഞു ഉപലംഭം പ്രഥമത ഇവിടെ പറയുന്നു മുഖ്യമായിട്ട് ഈ വിവേകം വേണം എന്താണ് ഗ്രാഹ്യത്യാ ത്യാജ്യം എന്ന് പറയുന്നത് എന്താണ് ഗ്രഹിക്കുക ഭിക്ഷുവിന്റെ ത്യാഗം അത് അവൻ തിരിച്ചറിയും ഗ്രഹിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ വിജ്ഞയം ബ്രഹ്മം വർജയിത്തു അതൊഴിക ബാക്കിയുള്ളതെല്ലാം കേവലം അവിദ്യ കൽപ്പന എന്നറിയുന്നു അവിദ്യ കൽപ്പന എന്നറിഞ്ഞുകൊണ്ടാണ് അവൻ എല്ലാ സാധനങ്ങളിലും മുഴുകുന്നത് എല്ലാ സാധനങ്ങളിലും ഏർപ്പെടുന്നു അവന്റെ ബാഹ്യമായ പ്രവൃത്തികളും അന്തർമുഖമായ സാധനങ്ങളും എല്ലാം ഇത് കല്പന എന്നുള്ള ധാരണയിൽ എന്ന് പറയുമ്പോൾ മുൻപ് പറഞ്ഞു എന്താണ് ബന്ധമോക്ഷങ്ങൾ ബന്ധമോക്ഷങ്ങൾ കൽപ്പിതങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ കൽപ്പനയായി കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ മോക്ഷത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നത് കൽപ്പിതമായ ബന്ധത്തെ അപേക്ഷിച്ച് കൽപ്പിതമായ മോക്ഷം കൽപ്പിതമായ ബന്ധമില്ലെങ്കിൽ പിന്നെ കൽപ്പിതമായ മോക്ഷമുണ്ട് പക്ഷെ ഇപ്പോൾ കൽപ്പിതമായ ബന്ധം നിലനിൽക്കുന്നുണ്ടോ അപ്പൊ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കല്പിതമായ ബന്ധത്തിൽ നിന്ന് അവന് കല്പിതമായ മോക്ഷം ആവശ്യമാണ് എന്ന് പറയുമ്പോ എന്താണ് തന്റെ അനുഭവം പരമാർത്ഥമായുള്ള തന്റെ അനുഭവം യഥാർത്ഥത്തിൽ തനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടാലും ശരി അനുഭവത്തിനപ്പുറം അവൻ എന്ത് ചെയ്യുന്നു അതിന്റെ തത്വത്തെ മനസ്സിലാക്കും അവരുടെ തത്വത്തെയും ഗ്രഹിക്കും എന്നിട്ട് അതിന്റെ നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു അത് അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഉദാഹരണം പറഞ്ഞാൽ പ്രപഞ്ചം സത്യമാണെന്നാണ് അനുഭവം യഥാർത്ഥമാണെന്നാണ് അനുഭവം ആ അനുഭവം മാറുന്നില്ല മാറാതിരിക്കന്നെ അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് പ്രയാസം അതിന്റെ പരമാർത്ഥം ഇന്നതാണെന്നും ബോധിക്കുന്നു പരമാർത്ഥം എന്താണോ ഇത് മൂന്ന് കാലത്തിന് ഇതിന് നിലനിൽപ്പുള്ളതല്ല എന്നും ബോധിക്കുന്നു എന്ന് വിചാരിച്ച അനുഭവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല അനുഭവവും നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് തത്വബോധവും നിലനിൽക്കുന്നു ബന്ധമോക്ഷങ്ങളെ വേണങ്ങനെ തിരിച്ചറിയുന്നു ഇത് പരമാർത്ഥത്തിലുള്ളതല്ല എന്നാലും അതിന്റെ അനുഭവത്തിൽ നിൽക്കുന്നു പരമാർത്ഥത്തിൽ ഈ ബന്ധമുള്ളതല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു മോക്ഷവും പരമാർത്ഥത്തിലുള്ളതല്ല പക്ഷെ എന്നാലും മോക്ഷത്തിനുള്ള ആഗ്രഹം നിൽക്കുന്നു മുമ്പോക്ഷായിരിക്കുന്നു അപ്പൊ ഇത് രണ്ടും നിക്കുകയാണ് ഇതിനവൻ സ്വന്തം അനുഭവത്തിന്റെ നിലയിലല്ല ഇതിനെ വിലയിരുത്തുന്നത് മറിച്ച് താത്വികമായിട്ടാണ് ആണ് തത്വഗ്രഹണം എന്ന് പറയുന്നത് അതിന് വാസ്തവ യഥാർത്ഥ അനുഭവമായിട്ട് ബന്ധമൊന്നുമില്ല മറിച്ച് യഥാർത്ഥ അനുഭവത്തിന് വിരുദ്ധമാണ് പക്ഷെ അതിനെ അവൻ തത്വമായി അംഗീകരിക്കുന്നു തത്വമായി അംഗീകരിച്ചുകൊണ്ട് ഈ കാൽപ്പനികമായ ഈ സത്യത്വബോധം പ്രപഞ്ച സത്യത്വബോധം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ആ ബോധത്തിൽ നിന്ന് അവൻ മുക്തനാകാൻ ശ്രമിക്കുന്നു അതാണ് എന്റെ പറയുന്നത് വാസ്തവികമായ അനുഭവമൊന്നും തത്വബോധം അവന്റെ പ്രകൃതി തത്വബോധത്തിലാണ് വാസ്തവികമായ അനുഭവം സഹജമായി വന്നതാണ് അവന്റെ പ്രകൃതി എന്ന് അവന് ഇതൊക്കെ സത്യമാണെന്നുള്ള അവനുണ്ടാക്കിയെടുത്തല്ല തത്വബോധം അങ്ങനെയല്ല അവന് ഗുരുപദേശം കൊണ്ടും ശാസ്ത്രശ്രവണം കൊണ്ടും ഉണ്ടായതാണ് അവൻ ആർജിച്ചതാണ് അപ്പൊ അതിന്റെ മൂല്യത്തെക്കുറിച്ച് അവന് ബോധമുണ്ട് അതിൽ നിന്നുകൊണ്ട് ആ തത്വബോധത്തിൽ നിന്നുകൊണ്ട് അവന്റെ സഹജമായ ഈ പ്രപഞ്ച സത്യത്വബോധത്തെ അവൻ എല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു അതാണ് ഇതിൻ്റെ പ്രയോജനം ഇത് അവിദ്യാകൽപ്പന മാത്രമാണെന്ന് അവൻ സ്വയം ബോധിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടിത് പരമാർത്ഥം ഇന്നതാണെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കാവശ്യമുണ്ട് എന്നുള്ള ചോദ്യത്തിന് സമാധാനമാണ് ഈ പറഞ്ഞത് അതിനാണ് വിവേകമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഈ പരമാർത്ഥത്തെ വിവേകം കൊണ്ടേ നിഷേധിക്കാൻ പറ്റും കൊണ്ട് നിഷേധിക്കാന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രയോജനം അതുകൊണ്ട് ഇത് രണ്ടും പറയുന്നു ഹേയ ആപ്യാക്യേഷ സ്മൃതവും ഹേ ആപ്യപാക്യങ്ങൾ ഈ മൂന്നെണ്ണം ജാഗ്രസ്വപ്നാദ് ഹേയങ്ങൾ ആപ്യങ്ങളായിരിക്കുന്ന ശ്രവണമന നിധ്യാസനങ്ങൾ വാക്യങ്ങളായിരിക്കുന്ന ഈ അന്തർമുഖമായ കഷായ പച്ചനം ഇതെല്ലാം ഇതെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവരും എന്താണ് തൃശുതി ബ്രഹ്മവിദ്യ ബ്രഹ്മവിത്തുക്കളുടെ അഭിപ്രായത്തിനെ സംബന്ധിച്ച് എന്താണോ ഇതെല്ലാം അവൻ വളരെ ഗൌരവമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അവനത് അറിയുന്നുണ്ടാണ് അവിദ്യ കൽപ്പന മാത്രം കൽപ്പന മാത്രമാണ് എന്നാൽ തനിക്കിതിൽ ഇടപെടാതിരിക്കാൻ നിവൃത്തി അത് അനുഷ്ഠിക്കാതിരിക്കാൻ അനുഷ്ഠിക്കാൻ നിർബന്ധിതനായിരിക്കും അനുഷ്ഠിക്കാതിരിക്കാൻ കഴിയുന്നില്ല പറയുന്നതിന്റെ ചുരുക്കം എന്താണോ അതെന്ത് സാധന അനുഷ്ഠിച്ചാലും ശരി നമ്മുടെ നുസരിച്ച് യോഗ്യതയ്ക്കനുസരിച്ച് താൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് അത് ഏറ്റവും ലഘുവായ സാധനമായിരിക്കാം ഒരു കണ്ടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈ ഉന്നതമായ നിലയിൽ നിന്ന് നോക്കുമ്പോൾ അത് നിസ്സാരമായിരിക്കാം എന്തായാലും ശരി ഈ തത്വത്തെ അറിഞ്ഞു വേണം അത് ചെയ്യാം എന്നാ എന്താണ് തത്വം ബ്രഹ്മയേകം വർജയിത്വ ഉപലംഭം ആ പരമാത്മസത്യം ഒഴികെ ബാക്കി സംഭവിക്കുന്ന മുഴുവൻ ഈ അവിദ്യ കൽപ്പനയിലാണ് എന്നു പറഞ്ഞല്ലോ ഇതെല്ലാം നിലനിൽക്കുന്നത് ആ തിരിയ സ്പന്ദനം എന്നുള്ള നിലയ്ക്കാണ് തുരിയായിട്ടല്ല മുമ്പത് വിശദീകരിച്ചതാണ് പരമാർത്ഥ സത്യത അത്രയാണ് അറിഞ്ഞിട്ട് ചോദിക്കല്ലോ ഇത് ബ്രഹ്മമാണ് സത്യം ബാക്കിയെല്ലാം കല്പന എന്ന് പറയി എന്നാലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടി വരുന്നു ഇതെല്ലാം കൽപ്പന എന്നറിഞ്ഞിട്ട് ഇതിലൊരു വൈരുദ്ധ്യം തന്നെ നിങ്ങൾ തത്വം പ്രസംഗിക്കുന്നു ഇത് മാത്രമല്ല ചെയ്തത് ഭക്ഷണം കഴിക്കുകയും ശരീരം സംരക്ഷിക്കുകയും തത്വം പ്രസംഗിക്കുകയും മാത്രമല്ല ചെയ്തു ഇത് കല്പന എന്നറിഞ്ഞുകൊണ്ട് ഈ കൽപ്പനയെ നിവർത്തിപ്പിക്കുന്നതിനുള്ള ഇതിലും മുഖ്യമായ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു ഇത് മാത്രം ബാഹ്യമായി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആന്തരികമായും ഈ കൽപ്പന ആണെന്നറിഞ്ഞുകൊണ്ടിരുന്ന കൽപ്പനയെ നിവർത്തിപ്പിക്കുന്നതിനുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യുന്നു അത് മാത്രമാണ് ബാഹ്യമായി കാണുന്ന ഇതൊക്കെയാണ് ആന്തരികമായും മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല അതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൽപ്പന എന്ന് കാര്യം ചെയ്യുന്നതാണ് എല്ലാം ഇത് കൽപ്പനയായി വരുമ്പോൾ ഈ എല്ലാ കർമ്മങ്ങളിലും ഒരേ തത്വം തന്നെ ഒരേ തത്വത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാതെ അതുകൊണ്ട് തന്നെ ഇതിനൊരു തത്വ വൈരുദ്ധ്യവുമില്ല ൻ ഗ്രഹിക്കുന്ന തത്വവും തന്റെ ബാഹ്യമായോ ആന്തരികമായുള്ള വ്യാപാരങ്ങളുമായി വിരോധമല്ല ഇതെല്ലാം ഒരു തത്വ ദൃഷ്ടിയിൽ തന്നെയാണ് നടക്കുന്നത് അദ്വൈത തത്വവുമായിട്ട് ഇതിനൊന്നും യാതൊരു വിരോധവും വരുന്നുണ്ടാവുന്നതാണ് അത് ഇതൊക്കെ ഉപദേശിച്ച ആചാര്യന്മാർക്ക് എന്ന് നമ്മൾ അത്രയും ധരിക്കുന്നു ആ തത്വദൃഷ്ടിയിലാണ് ഇവിടെ പറയുന്നത് ഇവയ്ക്കൊന്നിനും ഇല്ല എങ്കിലും ഇതിന്റെ മാർഗത്തിൽ ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഗ്രാഹ്യമായിട്ടുള്ളത് വിജ്ഞയമായിട്ടുള്ളത് ഒന്ന് മാത്രം ഒന്നിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാത്തിന്റെയും വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അജാ അജാതിയുടെ നിലപാട് അജാതവാദത്തിന്റെ നില അതാണ് ഹേയ ജ്ഞേയ ആപ്യപക്യാനി വിജ്ഞേയന്യഗ്രയാണത വിജേയാഭത്തുഷുസ്മൃത പ്രകൃതി ആകാശവേയാേ ധർമാ അനാദയ വിദ്യേ ന പരമാർതസ്തു പ്രവൃത്തി സ്വഭാവ സൂക്ഷ്മ നിരഞ്ജനസേധർ ആത്മനോ ജേയ മുമുച്ഛനോ നിഹ ഇങ്ങനെ ഒരു തത്വത്തെ കുറിച്ച് പറയുമ്പോ പൊതുവെ എല്ലാവരുടെയും പ്രതികരണം ഇതാണ് പറയുന്ന കാര്യമൊക്കെ ശരി ഈ പറയുന്ന കാര്യം ഈ പറയുന്ന കേൾക്കുന്ന എനിക്കത് പറ്റിയതല്ല എന്നാണ് പൊതുവെല്ലാവരും പറയുന്നതാണ് കാര്യമൊക്കെ ശരി പക്ഷേ തനിക്കിത് പറ്റത്തില്ല എന്നാണ് എന്നിട്ട് സ്വയം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇവിടെ ചോദിക്കുന്നത് മുമുക്ഷു ആണോ എന്നാണ് ഇവിടെ ശ്രോതാവായിരിക്കുന്നവൻ മുമുക്ഷു ആണോ എന്നാണ് മുമ്പുഷു ആണെങ്കിൽ ഈ ഉപദേശം സർവ്വർക്കും തുല്യമാണ് അതിന്നാർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല ഇതെനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ ആർക്ക് സ്വയം മാറാൻ അവസരമില്ല എന്തുകൊണ്ട് ഇതുപദേശിക്കുന്നവനും കേൾക്കുന്നവനും ഒരേ പ്രകൃതി തന്നെ വസ്തു പ്രകൃതിയ സ്വഭാവത ഉണ്ട് സ്വഭാവം അവന്റെ യഥാർത്ഥ രൂപം അതിനെന്താ മാറ്റമുള്ളത് അജ്ഞനായാലും ശരി വിജ്ഞനായാലും ശരി വക്താവായാലും ശരി ശ്രോതാവായാലും ശരി ഇവിടെ എന്താ വ്യത്യാസമുള്ളത് തത്വം ഒന്നാണല്ലോ ആകാശവകാശവത്തുല്യ ആകാശം എങ്ങനെയാണോ ഏകമായിരിക്കുന്നത് ആകാശത്തിൽ പിന്നെ പല ആകാശങ്ങൾ വരുന്നത് പോലെ തത്വമൊന്നല്ല ഈ തത്വത്തെ സംബന്ധിച്ച് ഇതൊരാൾക്ക് ഗ്രാഹ്യമാണ് വേറൊരാൾക്ക് ത്യാജ്യമാണ് എങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ തത്വം ഇതിന് ഒരാൾ അധികാരിയാണ് വേറൊരാൾ അനധികാരിയാണെന്ന് വിവേചിക്കാൻ പറ്റും അങ്ങനെ വിവേചിക്കുന്നത് ശരിയല്ല സർവരേദിനധികാരികളാണ് ഈ തത്വം ബോധിപ്പിച്ചാൽ ആർക്കാണിത് ബോധിക്കാത്തത് ഇതത്വത്തെ ബോധിപ്പിച്ച സർവരും ബോധിക്കുന്നുണ്ട് പക്ഷേ തന്റെ ബോധത്തെ സ്വയം താൻ നിഷേധിക്കുന്നു അതാ അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ തന്റെ ബോധത്തെ താൻ അംഗീകരിക്കുന്നു അവിടെയാണ് ആ നിഷേധം അംഗീകാരക്കാതിരിക്കുക അത് ഒഴിവാക്കണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആകാശവ് സൂക്ഷ്മ നിരഞ്ജന സർവഗതത്വി സർവേ ധർമ്മ ആത്മാനഹ ആത്മാവെന്ന് സർവാത്മാക്കളും ശ്രോതാക്കളും പറയും എല്ലാം എന്താണ് സൂക്ഷ്മമാണ് അത് കൂടുതൽ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് ്രഹ്മജ്ഞാനി സൂക്ഷ്മമാണ് ആത്മാവാണ് താൻ അജ്ഞാനിയാണ് അങ്ങനെയല്ല സർവരും സൂക്ഷ്മമാണോ സൂക്ഷ്മമായി തത്വമാണോ നിരഞ്ജനം അഞ്ജനങ്ങൾ ദോഷങ്ങളൊന്നും ഇല്ലാത്തതാണ് കറകളൊന്നും ഇല്ലാത്തതാണ് അങ്ങനെ അജ്ഞാനമാകുന്ന ഏറ്റവും വലിയ കര അതില്ലാത്തതാണ് സർവരും ഇത് പറയുമ്പോ ഏതൊരാൾക്കാണിത് മനസ്സിലാകാത്തത് ആരാണത് ഗ്രഹിക്കാത്തത് ഗ്രഹിക്കുന്നു അടുത്ത നിമിഷത്തിന് താനെന്തിനാണോ ഗ്രഹിച്ചതിനെ തന്നെ നിരാകരിക്കുന്നു അത്രേ സംഭവിക്കുന്നു അത് പാടില്ല എന്നാണ് പറയുന്നത് സർവഗതത്വി സർവഗതമാണ് സർവവ്യാപിയാണ് സർവഗതം എന്ന് പറയുമ്പം അതുകൊണ്ട് ഏകമാണ് എന്നിട്ട് താൻ അജ്ഞൻ അന്യൻ ഞാനി എന്നിങ്ങനെ കൽപ്പിക്കുകയാണ് സ്വയം ഞാന സ്വരൂപമായിരിക്കുന്നവനാണ് തന്നെ അജ്ഞനെന്നും മറ്റൊരുവനെ ഞാനിയെന്നും കൽപ്പിക്കുന്നു അത് ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത് സർവവ്യാപിയായിരിക്കുന്നു അതാര് സർവേ ധർമ്മ ആത്മാനഹ ഞാൻ വേറെ ഞാൻ വേറെ എന്ന് കരുതുന്ന ഓരോരുത്തരും ഞാൻ അജ്ഞനാണ് എന്ന് കരുതുന്ന ഓരോരുത്തരും ആ ഓരോരുത്തരെയും ഉദ്ദേശിച്ചു ശ്രോതാക്കള് പലതാണ് ഓരോ ശ്രോതാവിനെയും അതുകൊണ്ടാണ് സർവേ ധർമ്മ എന്ന് ബഹുജനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മനോജ്ഞേയാത്യോ അപ്പൊ മുമുക്ഷു അങ്ങനെയാണ് തന്നെ ഗ്രഹിക്കേണ്ടത് തന്നെ അജ്ഞനായിട്ടല്ല ഗ്രഹിക്കേണ്ടത് അനാദിയായി നിത്യനായി സൂക്ഷ്മനായി അജ്ഞാനശൂന്യനായി നിരഞ്ജനായി സർവ്വവ്യാപിയായി ഏകമായി മുമുക്ഷു തന്നെ ഗ്രഹിക്കണം ഇതാണ് നമ്മൾ പറഞ്ഞ തത്വദൃഷ്ടി ആ ആഗ്രഹണത്തിൽ ആ ബോധത്തിൽ ഈ തത്വദൃഷ്ടിയിൽ നിന്നുകൊണ്ട് അനുനിമിഷം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിരാകരണം അനന് മായ എന്ന് പറയുന്നു ഞനതല്ല അജ്ഞനാണ് ബന്ധനസ്ഥനാണ് എന്നുള്ള ഈ മായാപ്രതീതി ആത്മനിരാകരണം അതിന്നൊരാൾ മുക്തനാകുന്നതിനാണ് ഇവിടെ മുക്തി എന്ന് പറയുന്നത് ബഹുവജനങ്ങളുടെ ഭേദാശങ്ക നിരാകുറുവെന്നാഹ ഇവിടെ കരിയിൽ തന്നെ പറഞ്ഞു സർവേ ധർമ്മ എല്ലാ ആത്മാക്കളും എന്റെ ആത്മാക്കളും ഒന്നും എന്തിനു പറഞ്ഞു ആത്മാവെന്ന് തന്നെയുള്ളൂ അത് വിശദമാക്കാൻ വേണ്ടി പറയുകയാണ് ആത്മാവെന്നേയുള്ളൂ പക്ഷെ ഇവിടെ വക്താവും ശ്രോതാവുമായി വേർതിരിഞ്ഞിരിക്കുന്നു അനേക ശ്രോതാക്കൾ ഓരോരുത്തരും ഞാൻ ഞാൻ എന്ന് തന്നെ വേറിട്ടറിയും ഞാൻ വേറെ നീ വേറെ എന്നറിയുന്നു തത്വം ഇതായിക്കൊള്ളട്ടെ അനുഭവമായിട്ടത് പൊരുത്തപ്പെടുന്നില്ല ആ മായാപ്രതീതി അത് വിട്ടുമാറുന്നില്ല അതുകൊണ്ട് അതിന്റെ വാസ്വം ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പൊ നിന്റെ പ്രതീതി എങ്ങനെയോ അതിനനുസരിച്ച് ഉപദേശിക്കുന്നു അതുകൊണ്ട് സത്യമൊന്നുള്ള കൊച്ചന കിഞ്ചന ഒരിക്കലും ഒരു സ്ഥലത്തും ഒരിടത്തും അല്പം പോലും അതാണ് കൊച്ചന ഒരിടത്തും കിഞ്ചന അല്പം പോലും കിഞ്ചിതാണ് മാത്രമവി ദേഷ്യാമെന്ന വിദ്യതയും നാനാത്വം നീ നിന്നെ കുറിച്ച് എന്താണോ ധരിക്കുന്നത് മാത്രം പോലും നിന്നില്ല എന്നാണ് പറയും അണ്ണു മാത്രമോ ഈ ദേഷ്യാമെന്ന വിദ്യതേ ഒരുവനിലും നിലനിൽക്കുന്നില്ല എന്ത് ഈ നാനാത്വം ഈ ഭേദബുദ്ധി അത് പോലും നിന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള തത്വത്തെ ബോധിപ്പിക്കുകയാണ് ഈ തത്വം ബോധിപ്പിക്കുന്നതിനെന്താണ് അത് സ്വയം ബോധിക്കുന്നതിനെന്താ പ്രയാസം ആ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ ഭേദത്തെ നിരാകരിക്കുന്നതിനെന്താണ് വൈഷമ്യം വാസ്തവത്തിലതില്ല എന്നാലും ഈ നൂ പറഞ്ഞെന്താണ് രാഗദ്വേഷ മോഹാദി അവയുടെ വാസന സംസ്കാരം അതനുവദിക്കുന്നില്ല അവിടെ ഇത് മാത്രമേ അറിയാനുമുള്ളൂ മറ്റെന്തെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതൊന്നു മാത്രമേ അറിയാനായി അവശേഷിക്കുന്നുള്ളൂ ഇതൊന്നും മാത്രം അറിയാനായി അവശേഷിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം എന്തിനാ അറിയണം മറ്റുള്ളതെല്ലാം അറിഞ്ഞിട്ട് എന്താ പ്രയോജനം ഒന്നും അതുകൊണ്ടാണ് ആ ഏകത്വ ബോധത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബോധിപ്പിക്കുന്നു അതിനെ ബോധിപ്പിച്ചിട്ടും മറ്റു പലതിനെ അറിയുന്നു അപ്പൊ വീണ്ടും അതിനെ തന്നെ ബോധിപ്പിക്കുന്നു കാരണം അത് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ സ്വ അനുഭവം നമ്മളിപ്പോ നമ്മുടെ പ്രകൃതി എന്ന് കരുതുന്ന അനുഭവം എന്റെ സ്വയം ധരിക്കുന്ന ഈ അനുഭവം അതിന് അണ്ണു മാത്രം ലേശം പോലും അതിന് വാസ്തവത്തിലുള്ള നിലനിൽപ്പില്ല മറിച്ച് പരമാർത്ഥ പ്രകൃതി ആ പരമാർത്ഥ പ്രകൃതി അത് ആകാശവ ആകാശ തുല്യമാണോ എന്ന് ബോധിപ്പിക്കുകയാണ് മുമ്പ് ചതുഷ്കോടി ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു അസ്ഥി നാസ്തി അസ്ഥി നാസ്തി നാസ്തി എന്നിങ്ങനെ പറഞ്ഞു ചിന്തകന്മാരുകൂടി പരമാർത്ഥത്തെ അറിയാൻ ശ്രമിക്കുന്നവരുകൂടി അങ്ങനെ ഏതെങ്കിലും ഒരു ജ്ഞാനകോടിയിൽ അകപ്പെട്ടു പോവുകയോ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണ് അതൊരു ദേശം പോലും നിൽക്കാൻ അവകാശമുള്ളവയല്ല പരമാർത്ഥം ഇതാണ് ആ പരമാർത്ഥത്തെ ബോധിച്ചുകൊണ്ട് മറ്റ് അതിനെ മുഖ്യമായി സ്വീകരിച്ചുകൊണ്ട് മറ്റ് സാധനങ്ങൾ എന്താണോ അല്ലെങ്കിൽ ലോകവ്യവഹാരത്തിൽ എന്താണ് ഒരുവന് മുമ്പിൽ കരണീയമായി വരുന്ന അതിൽ അതിലേർപ്പെടുക എന്നുള്ളതാണ് അതാണ് ഇവിടെ ഗ്രാഹ്യമായിരിക്കുന്നത് പ്രകൃത്യ ആകേധർമാ അദയ വിദ്യാചന